അന്ത്യനാളിനെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു അതെപ്പോഴാണ് സംഭവിക്കുക പറയുക അതിൻറെ അറിവ് എൻറെ രക്ഷിതാവിങ്കൽ മാത്രമാണ് അവൻറെ സമയത്ത് അതല്ലാതെ അത് വെളിപ്പെടുത്തുകയില്ല ആകാശങ്ങൾക്കും ഭൂമിക്കും അത് ഭാരമുള്ളതാണ് അത് പെട്ടെന്ന് മാത്രമേ നിങ്ങളുടെ അടുക്കൽ വരുള്ളൂ നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവനെപ്പോലെയാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് പറയുക അതിൻറെ അറിവ് അള്ളാഹു സുബഹാനഹുവ ചായാലാവിങ്കൽ മാത്രമാണ് എന്നാൽ മനുഷ്യരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല